തങ്ങൾക്ക് മുൻപുള്ളവരുടെ ഒടുക്കമെങ്ങനെയായിരുന്നുവെന്ന് നോക്കിക്കാണാൻ അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ടില്ലേ അവർ ഇവരേക്കാൾ ശക്തിയുള്ളവരായിരുന്നു ആകാശഭൂമികളിലുള്ള യാതൊരു കാര്യവും അള്ളാഹു സുബാനഹുവ ആനയെ അശക്തനാക്കുകയില്ല തീർച്ചയായും അവൻ എല്ലാം അറിയുന്നവനും സർവ്വശക്തനുമാകുന്നു